തത്വചിന്താമണിയുടെ വ്യാഖ്യാനങ്ങൾ എന്തു ചെയ്യുന്നു അങ്ങനെയുള്ള ചരിത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അത്രയും വലിയ ചർച്ചയൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ പൂർണ്ണമാകുന്നില്ല യത് ഗ്രഹം എന്ന് മാറ്റേണ്ടി വരും അത് നിങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ താഴെ പറയുന്നുണ്ട് എന്താണ് അധികന്തു ഗതാധര്യം പ്രാമാണിവാദിയ ദൃഷ്ടവ്യം ഈ ശരിക്കും ഇത് ഗ്രഹത്തിൻ്റെ വിശേഷണമാക്കിക്കഴിഞ്ഞാൽ ആ ചർച്ച എന്ന് പറയുന്ന മുമ്പോട്ട് ഇവിടെ കൊണ്ടുപോകുന്നില്ല അത് അവിടെ അതിനുമ്പോൾ ഇവിടെ യാവത്ത് എന്ന് പറയുന്ന സാമഗ്രിയുടെ വിശേഷണമായിട്ടെടുത്ത് അതിൽ ദോഷമുണ്ടെങ്കിലും അത്രയ്ക്കുള്ള ചർച്ച ഇവിടെയുള്ളൂ കാരണം ഇവിടെയെന്ന് വെച്ചാൽ തർക്കസംഘനം പഠിക്കുന്നതിൻ്റെ തുടക്കക്കാരാണ് ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നതിന്റെ തുടക്കക്കാർക്കുള്ള അല്ല അപ്പൊ ഇവിടെ ഇതിൽ കൂടുതലൊന്നും സാധിക്കില്ല പിന്നെ ഗതാഗരി എന്തെഴുതിയിരിക്കുന്നു അറിയണമെങ്കിൽ അതിന്റെ വ്യാഖ്യാനം വേണം അല്ല അത് മനസ്സിലാവില്ല അതിന് പുറം ഗതാഗരി പറഞ്ഞതിലും പൈസ കൊണ്ട് ഇന്ന് ഇമ്പോട്ട് പോണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ പോക്കുന്നത് അതുകൊണ്ട് യാവത്ത് എന്നുള്ളത് ചേർത്ത് കഴിഞ്ഞാലും ദോഷമുണ്ട് അത് വേറെ കാര്യം ഇവിടെ ഇപ്പോൾ എങ്ങനെ സമന്യിപ്പിക്കുമെന്നുണ്ടോ ഇവിടെ വന്ന ദോഷം എന്ന് പറയുന്നത് എന്താണ് യാവത്ത് വിട്ട് വിട്ട് ചിന്തിക്കുകയാണ് ഞാനാ ഗ്രാഹകസാമഗ്രി ഗ്രാഗിയെത്തും എന്ന് പറഞ്ഞാൽ നൈയായികന്മാർ പറയുന്നിടത്തും എന്തുവരുന്നോ അവിടെയും സ്വതസ്ഥം സിദ്ധമാവും സ്വതസ്തു സിദ്ധിക്കുന്നത് അപ്പോൾ അവർ പറയുന്നിടത്തും വരും എന്ന് വെച്ചാൽ ഈ ലക്ഷണം അനുസരിച്ച് വരുകയാണ് അവർ സ്വതസ്ത്വത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് വരുന്നതല്ല ലക്ഷണമനുസരിച്ച് എന്ത് വരും അവിടെയും വരും അപ്പോൾ കാരണം ലക്ഷണം ഇതാരാണ് പറയുന്നത് മീമാംസകര് പറയു നിങ്ങൾ പറയുന്ന ലക്ഷണമനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ പക്ഷത്ത് മാത്രമല്ല നൈയായിക പക്ഷത്തിൽ എന്ത് വരുന്നു സ്വതസ്വം വരുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ നൈയായികരെ ആരാണ് പരതസ്തുവാദികളാണ് നിങ്ങൾ സ്വതസ്തുവാദികളാണ് നിങ്ങളിപ്പോൾ പറയുന്ന അനുസരിച്ച് നൈയായികന്മാരിൽ എന്ത് വരുന്നു അപ്പം കൂടി സിദ്ധമായ സ്വതസ്ത്വത്തെ നിങ്ങൾ സിദ്ധിക്കുമ്പോൾ എന്തായാലും സിദ്ധത്തെ സാധിക്കുന്നു അവർക്കെങ്ങനെ സാധിക്കുന്നു ജ്ഞാനഗ്രാഹക സാമഗ്രി ജന്യഗ്രഹ വിഷയത്തും അവർ പറയുന്നിടത്തുമുണ്ട് ജ്ഞാനഗ്രാഹക സാമഗ്രിയായിട്ട് അവരെന്തിനെടുക്കും ജ്ഞാനഗ്രാഹകമെന്ന് പറഞ്ഞാലും അവിടെ ജ്ഞാനഗ്രഹ ജനകമെന്ന് പറഞ്ഞാലും ഒന്നാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും ജ്ഞാനഗ്രാഹക സാമഗ്രിയ ജ്ഞാന ജനകസാമഗ്രി ആ ജ്ഞാനജനക സാമഗ്രിയായി എന്ത് പരാമർശം തജന്യഗ്രഹ വിഷയത്വം വന്നു പ്രമേന എന്നു വെച്ചാൽ പ്രാമാണ്യത്വം വന്നു പ്രാമാണിയാണ് അങ്ങനെ അറിയുന്നത് പ്രാമാണിയത്തിൽ അത് വന്നു കഴിഞ്ഞാൽ സ്വതസ്ത്വം വന്നു ഇതം ജലമെന്ന് പറയുന്ന ജ്ഞാനമാണ് പ്രമ അതാണ് പ്രാമാണിരിക്കുന്നത് ആ പ്രാമാണിയത്തിലാണെന്ന് പറയുന്നത് ജ്ഞാനഗ്രാക സാമഗ്രിജന്യം ഗ്രഹവിഷയത്വം ലക്ഷണത്തെ സമീപിക്കുക എന്നുള്ളതാണ് അത് പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് സമീപിക്കുന്നത് അവിടെ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് പറയണം യാവത്ത് ചേർക്കണം യാവത്ത് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ ജ്ഞാനഗ്രാഹക സാമഗ്രികളും എടുക്കണം ഉപാധ്യയോടെ തുടങ്ങണം വ്യവസായ ഞാനം ഈ ഇതം ജനം എന്ന് പറയുന്ന ആ ഞാനും വ്യവസായ ജ്ഞാനമാണ് അതിൻ്റെ ം അനുവസായം അതിൻ്റെ സാമഗ്രി എന്തായി അതിനെക്കുറിച്ച് ഇട്ടെത്തി ആത്മനസംജം ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ എന്തുവേണം ആ സാമഗ്രി ജന്യഗ്രഹം വേണം ആ സാമഗ്രി ജന്യഗ്രഹം ഏതാണ് അതനുവസായ ആ സാമഗ്രി ഇന്നുണ്ടായ എന്താണ് അനുവസായം അതിൻ്റെ വിഷയം എന്താണ് ജ്ഞാനമാണോ പ്രാമാണ്യമാണ് അനുവിസായ്ഞാനത്തെ ഗ്രഹിക്കത്തോ ബ്രാഹ്മണ്യത്തെ ഗ്രഹിക്കുന്നുണ്ട് അനുവ്യവസായ സാമഗ്രി നിന്ന് ജന്യമാകുന്നത് അനുഭവമാണ് സാമഗ്രി ജനിക്കുന്നത് എന്താണ് അനുഭവ അനുഭവസായത്തിൻ്റെ വിഷയം എന്താണ് ജ്ഞാനമാണ് ബ്രാഹ്മണ്യം അല്ല പിന്നെ ബ്രാഹ്മണ്യം അവർ പറയുന്ന ലക്ഷണം നയ്യായി സമിനീപ്പിക്കാൻ പറ്റത്തില്ല ആഗ്രഹ വിഷയത്തും വരുന്നില്ല ഇത് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല ി പറഞ്ഞിരിക്കുന്ന കണാവിലി ഇങ്ങനെയല്ല അതിനു പറഞ്ഞിരിക്കുന്നു യാവത്തിൻ്റെ പ്രയോജനം പറഞ്ഞു ഇനി പറയുന്നത് അപ്രാമണ്യ അഗ്രാഹക അതും കൂടെ ചേർക്കുമ്പോഴാണ് മുഴുവൻ സാധ്യമാകുന്നു അപ്രാമാണ ഗ്രാഹക ജ്ഞാനഗ്രാഹക യാവത് സാമഗ്രികന്യഗ്രഹ വിഷയത്തുണ്ട് അത്രയും മുതൽ മുഴുവനും എടുത്തു അല്ലാതെ അപ്രാമാണിയഗ്രഹാന്ന് എന്തിനു പറയുന്നു അപ്പോൾ അപ്രാമാണ്യഗ്രാഹകം എന്ന് പറയുന്നത് എന്തിൻ്റെ ആദ്യം അറിയണം അപ്രാമാണഗ്രാഹക ഏതിൻ്റെ വിശേഷമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സാമഗ്രിയുടെ വിശേഷമാണ് അപ്രാമാണ്രാഹക ജ്ഞാനഗ്രാഹക യാമഗ്രിജന്യ ഗ്രഹക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ പിരിച്ചു പറയണമെങ്കിൽ പറയും അപ്രാമാണ്യ അഗ്രാഹിക അപ്രാമാണ്രാഹിക എന്താണ് സാമഗ്രി അപ്രാമാണി അഗ്രാഹികാഹിക എന്താണ് സാമഗ്രി സ സാമഗ്രി ജന്യഗ്രഹ വിഷയത്വം പ്രാമാണത്തിൽ പറഞ്ഞു വന്ന് വരും ഏതിൽ പേരും വരുന്നത് പ്രാമാണ്യത്തിൽ അതായത് പർവ്വതോ വന്യമാൻ എന്ന് പറയുമ്പോൾ പർവ്വതം എന്ന് പറയുന്ന പക്ഷത്തിൽ വന്യെന്നു പറയുന്ന സാധ്യത്തിന് സാധിക്കും സാധിക്കുകയാണ് അതേപോലെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ തുടങ്ങിയെങ്ങനെയാണ് ഞാനാനാം പ്രാമാണം അപ്പോൾ പ്രമേയിൽ ഇരിക്കുന്ന പ്രാമാണ പ്രമാത്വത്തിൽ ഇവിടെ എന്തിനാണ് സിദ്ധിക്കുന്നത് സ്വതസ്ത്വം ഇപ്പോൾ ഇവിടുത്തെ സാധ്യമേതാണ് സ്വതസ്ത്വം പ്രാമാണ്യം എന്താണ് അതാദ്യം വ്യക്തമായും ധരിച്ചിരിക്കുന്നു മുഴുവൻ ലക്ഷണം നോക്കും അതുകൊണ്ട് ഞാനാ പ്രാമാണെന്ന് വെച്ചാൽ ഞാനുഷ്ടമായ പരമാത്വം എന്നു വെച്ചാൽ പ്രമാത്വം അല്ലെങ്കിൽ പ്രാമാണിയമാണെന്ത് പക്ഷം അതിൽ സാധ്യമായ സ്വതസ്തു കൊണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അത് പരിശോധിക്കുന്നതിന് വേണ്ടി പറഞ്ഞു അപ്രാമാണ്രാഹക ഞാൻ അഗ്രാഹക അത് എളുപ്പം ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാട്ട മതം അനുസരിച്ച് നോക്കുക ഇവിടെ സാമഗ്രി എന്താണ് പരാമർശം ഈ പരാമർശജന്യമായ ജ്ഞാനം എന്താണ് അതിൻ്റെ വിഷയം എന്താണ് അവരുടെ മതം പാട്ടന്റെ മതമനുസരിച്ച് നോക്കിയ പാട്ട മതമനുസരിച്ച് നോക്കിയാ പരാമർശജന്യമായ ജ്ഞാനമായി അനുമതി അനുമതിയുടെ വിഷയം എപ്പോഴെങ്കിലും അപ്രാമാണ്യമാകും അപ്പോ ഏഹ് പരാമർശ പാട്ടൻ്റെ മതമനുസരിച്ച് പരാമർശജന്യമായ അനിമിതിയുടെ വിഷയം അപ്രാമാണ്യമാവുക പിന്നെന്താകുന്നു ഈ പരാമർശമെന്ന് പറയുന്ന സാമഗ്രി എന്താണ് പരാമർശമെന്ന് പറയുന്നതാണ് സാമഗ്രി ഈ സാമഗ്രി എങ്ങനെയായിരിക്കണം ഒരിക്കലും അപ്രാമാണത്തെ ഗ്രഹിക്കാൻ പാടില്ല എന്നാലെന്ത് ശ്രദ്ധിക്കത്തുള്ളൂ സദോസ്തം ശ്രദ്ധിക്കത്തുള്ളു അപ്പോൾ ഇനി മൊത്ത ലക്ഷം നോക്കുക അപ്രാമാണ അഗ്രാഹിക സാമഗ്രി ഇവിടെ ഏതാ സാമഗ്രിയായിട്ടെടുക്കും പരാമർശം അത് അപ്രാമാണത്തെ ഗ്രഹിക്കുന്നതാണോ അതോ അപ്രാമാണത്തിൻ്റെ അഗ്രാഹികയാണോ ആഗ്രാഹിക അപ്പോൾ അത് അപ്രാമാണി അഗ്രാഹിക എന്ന് പറയുന്ന സാമഗ്രിയുടെ വിശേഷമായി പിന്നെ നോക്കിയിട്ടുണ്ട് അത് ഞാനഗ്രാഹികയാണോ ആണോ ഞാനഗ്രാഹികയാണ് പിന്നെ ആ സാമഗ്രിജന്യഗ്രഹവിഷയത്വം എവിടെ വന്നു ബ്രാമാണത്തിൽ അത് എന്ത് വന്നു അവിടെ ബ്രാമാണത്തിൽ ഗ്രഹവിഷയത്വം വന്നപ്പോൾ സ്വസ്ഥം വന്നു അപ്പോൾ അപ്രാമാണ്രാഹിക ഞാൻഗ്രാഹ അപ്രാമാണ്രാഹിക ഞാനഗ്രാഹിക സാമഗ്രി സാമഗ്രി സ്ത്രീലിംഗാണ് അതെല്ലാം പറയുന്നത് ഇങ്ങനെ അപ്രാമാണഗ്രാഹിക ഞാനഗ്രാഹിക സാമഗ്രി എല്ലാ സാമഗ്രികളും എടുക്കാൻ മറ്റുള്ളവരിലൊക്കെ ഇതുപോലെ യോജിപ്പിക്കാം പാട്ടന്നെ എടുത്ത് ഉദാഹരണം പറഞ്ഞു സാമഗ്രിയാ സിദ്ധിച്ചു ഇനി ഇവിടെ നോക്കേണ്ട കാര്യം അപ്രാമാണ ഗ്രാഹികന്ന് പറഞ്ഞു അപ്രാമാണ ഗ്രാഹിക എന്നിരിക്കട്ടെ അപ്രാമാണ്രാഹികൾ സാമഗ്രിടത്തേർത്തി നോക്കുക പരാമർശത്തെ പറ്റുമോ തജ്ജന്യഗ്രഹ വിഷയത്വം പ്രാമാണിത്വികം അപ്പോൾ അപ്രാമാണ അഗ്രാഹിക എന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്രാമാണ ഗ്രാഹികയായ സാമഗ്രി എടുക്കാം മനസ്സിലായോ അപ്രാമാണ അഗ്രാഹിക എന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്രാമാണ ഗ്രാഹിക സാമഗ്രി എടുക്കാം അങ്ങനെ ഒരു ഗ്രാഹിക എടുത്തു കഴിഞ്ഞാൽ ആ സാമഗ്രി ജന്യ ഗ്രഹ വിഷയത്വം എവിടെ വരത്തില്ല അപ്പോൾ അവിടെ സോതസ്തും ശ്രദ്ധിക്കുക അതുകൊണ്ടിവിടെ എന്ത് പറഞ്ഞു പ്രാമാണ്യ അഗ്രാഹിക ഞാനഗ്രാഹിക യാവതി സാമഗ്രി തജ്ജന്യ ഗ്രഹവിഷയത്വം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്രാമാണ അഗ്രാഹികയായ സാമഗ്രിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തു പറഞ്ഞത് പ്രാമാണ്യ അഗ്രാഹിക എന്ന് ഇനി അതെവിടെയാണ് അങ്ങനെ വരുന്നത് നോക്കണം ഉദാഹരണം ഇപ്പോൾ ലക്ഷണത്തെ വിശദീകരിച്ചേ ഉള്ളൂ പ്രാമാണ്യഗ്രാഹിക സാമഗ്രി എവിടെയാണ് വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കി പാട്ടനുസരിച്ച് ഇനി അപ്രാമാണ ഗ്രാഹിക സാമഗ്രി എവിടെ വരുന്നു എന്ന് നോക്കണം അങ്ങനെ എവിടെയെങ്കിലും വരുമോ എന്നുള്ളത് ഒരാൾക്കാദ്യം ഇതം ജലം എന്നുള്ള ഞാനുണ്ടായി പ്രമയാണ് പ്രമ ഉണ്ടായതിനു ആ ജ്ഞാനത്തിൽ കാരണം ഭ്രമം എവിടെ ഉണ്ടാകും ബ്രഹ്മ ഇന്നിടത്തെ പാടുള്ളതെന്നൊന്നുമില്ല ആദ്യം ഇതം ജലം എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടായതിനു ശേഷം ആ ജ്ഞാനത്തിൽ ജലജ്ഞാനം അപ്രമ ജ്ഞാനം ഉണ്ടായി മനസ്സിലായോ ഇപ്പം ജലജ്ഞാനം എന്ന് പറയുന്നത് പ്രമേയമാണ് പ്രമേയ കൊണ്ട് അതിനകത്ത് എന്തുണ്ട് പ്രമാണിണ്ട് അതവിടെ തന്നെ ഉണ്ട് പക്ഷെ ഒരാളിനെന്ത് ചെയ്തു ആ ജലജ്ഞാനത്തിൽ അപ്രമേയമെന്നുള്ള ജ്ഞാനം ഉണ്ട് അപ്രമ എന്നുള്ള ജ്ഞാനം ഉണ്ടായി അപ്പോൾ ഇവിടെ എന്തായി അയാളിലും എന്താ പറയുന്നു ഒരു ജ്ഞാനമുണ്ടാവണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ സാമഗ്രിക അയാളിലും ഉണ്ടാവണം എല്ലാ ജ്ഞാനവും ഉണ്ടാവും ജലജ്ഞാനത്തിലാണ് ജലജ്ഞാനം ആർക്കും ഉണ്ടായത് അയാൾക്ക് തന്നെ ഉണ്ടായത് ഒരു വ്യക്തിയിൽ തന്നെ ഇത സംഭവിക്കുന്നത് ഇതം ജനം എന്നുള്ള ജ്ഞാനം ഉണ്ടായതിനു ശേഷം അപ്രമാന്നുള്ള ജ്ഞാനം തുടർന്നുണ്ടായി അവിടെയാണ് പ്രശ്നം അപ്പോൾ അപ്രാമാണ ഗ്രാ ഗ്രാഹികയായി സാമഗ്രി മഗ്രി എന്തായി അപ്രാമാണ ഗ്രാഹിക എന്തുകൊണ്ട് ജലഞ്ജാനം അപ്രമാ എന്നൊരു ഞാനുണ്ടായി ഞാനുണ്ടാവണമെങ്കിൽ ഞാനത്തിന് സാമഗ്രി വേണം വേണ്ടേ അപ്പോൾ ആ സാമഗ്രി എന്താവും അപ്രാമാണ ഗ്രാഹിക ആയ സാമഗ്രിയായി ഇനി ആ സാമഗ്രീജന്യ ഗ്രഹ വിഷയത്വം പ്രാമാണിത്വരും എന്തുകൊണ്ട് കാരണം സാമഗ്രിയിൽ നിന്നും ഉണ്ടായത് അപ്രാമാണോ ക്രമാ എന്നുള്ള ഞാനും എന്താ ഉണ്ടായത് അപ്രാമാണുണ്ടായത് ആ ജ്ഞാനത്തിൻ്റെ സാമഗ്രിയിൽ നിന്ന് ഉണ്ടായ ജ്ഞാനം അത് വിഷയം പ്രാമാണ്യമാകുമോ എന്നുള്ള ഇല്ല അപ്പോൾ ഇവിടെ അപ്രാമാണ ഗ്രാഹകം എന്നുള്ള പദം ചേർത്തില്ലെങ്കിൽ അപ്രാമാണ ഗ്രാഹകം എന്ന് പറയുന്ന അർത്ഥം പ്രാമാണികാഹകം എടുത്തു കഴിഞ്ഞാൽ പ്രാമാണികാഹക സാമഗ്രി ജന്യ ഗ്രഹവിഷയത്വം പ്രാമാണത്തിൽ വരത്തില്ല എന്നു വച്ചാൽ ഇവിടെ പക്ഷം എന്താണ് പ്രാമാണ്യമാണ് പ്രാമാണെന്ന് പറയുന്നത് ഇവിടുത്തെ ആദ്യം പറഞ്ഞാൽ ഞാൻ എത്ര ഉണ്ട് അതിൽ ഒരു ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നേ ഇതം ജലം എന്ന് പറയുന്ന ജ്ഞാനം പ്രമേയമായതുകൊണ്ടെന്തുണ്ട് ആ പ്രാമാണ്യം പക്ഷെ ആ പ്രാമാണത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്താ പറ്റാത്തത് അപ്രാമാണ സാമഗ്രിജന്യ ഗ്രഹവിഷയത്തും ആ പ്രാമാണിക വരുന്നില്ല മനസ്സിലായോ ഇവിടെ പറഞ്ഞെന്താണോ പ്രാമാണ്യ അപ്രാമാണി അഗ്രാഹകം എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ എന്ത് ചെയ്തു അപ്രാണ്യ അപ്രാമാണ ഗ്രാഹക സാമഗ്രി സാമഗ്രി ജന്യ ജ്ഞാന വിഷയത്തും ആ പ്രാമാണ്യത്തിൽ വരുന്നുണ്ട് പ്രാമാണുണ്ടായിട്ട് എന്ന് വെച്ചാൽ പക്ഷോടെ ഉണ്ട് എന്താണ് പ്രാമാണ്യം എന്തുകൊണ്ട് ആദ്യത്തെ ജ്ഞാനം പ്രമേണ അതിൽ പ്രാമാണുണ്ട് അതിലെന്ത് വന്നിട്ടില്ല ഗ്രാഹക സാമഗ്രിജന്യ ഗ്രഹവിഷയത്വം വന്നില്ല മറിച്ച് അവിടെ എന്തോക സാമഗ്രി സാമഗ്രിജന്യ ഗ്രഹ വിഷയത്വം പ്രാമാണത്തി വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രാമാണ്യത്തിൽ ഗ്രഹവിഷയത്വം വന്നിട്ടില്ലെങ്കിൽ അവിടെ സ്വതസ്ഥും വരില്ല പ്രാമാണിത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് പ്രാമാണിത്തെ സ്വതസ്ഥം വന്നില്ലെങ്കിൽ എന്ത് ദോഷം വരും പക്ഷത്തിൽ സാധ്യമാ കാണാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ദോഷമാണ് പക്ഷത്തിൽ സാധ്യമേയില്ല എന്ത് ദോഷമാണോ വരുന്നത് ബാധ അതിന് തർക്കസംഗ്രഹത്തിൽ എന്താ ഉദാഹരണം പറഞ്ഞത് ബാധയ്ക്ക് ഇവിടെ പക്ഷം ഏതാണ് സാധ്യമെന്താണ് ഏഹ് അനുഷ്ഠത്വം അത് പക്ഷത്തിലുണ്ടാകും വഞ്ഞി എന്ന് പറയുന്ന പക്ഷത്തിൽ സാധ്യമായ അനിഷ്ണത്വം ഇല്ല ഒരു പക്ഷത്തിൽ സാധ്യമായ ആ സാധ്യമില്ലെങ്കിൽ എന്ത് ദോഷം വരും അപ്പം അത് എന്നെവിടെയും വന്നു ഇവിടെ പക്ഷമെന്ന് പറയുന്നത് എന്താണ് പ്രാമാണ്യത്തിൽ ഗ്രഹവിഷയത്വരൂപ സുസ്ഥവും വരണം പക്ഷെ വരുന്നില്ല എന്തുകൊണ്ട് അപ്രാമാണ ഗ്രാഹകത്തിന് പറയാൻ അപ്രാമാണ ഗ്രാഹകവും എടുത്തു പ്രാമാണി ഗ്രാഹകമായ ഒരു സാമഗ്രിയിൽ നിന്ന് ഞാനുണ്ടായത് എന്തിനേ ഗ്രഹിക്കത്തുള്ളൂ അപ്രാമാണ്യത്തെ ഗ്രഹിക്കും പ്രാമാണത്തെ ഗ്രഹിക്കും അപ്പോൾ എവിടെ വന്നില്ല അപ്പോൾ അവിടെ എന്ത് ശ്രദ്ധിച്ചില്ല അപ്പോൾ പക്ഷമായ പ്രാമാണത്തെ എന്ത് ശ്രദ്ധിച്ചില്ല സാധ്യ ശ്രദ്ധിച്ചില്ല അപ്പോൾ ദോഷം വരും അതാണ് ഇവിടെ അടുത്ത് പറയുന്നത് എന്താണ് അന്ത്യം പറഞ്ഞു അനുമാനഗ്രാഹ്യത്വന് സിദ്ധസാധനവാരണായ അത് നേരത്തെ പറഞ്ഞാണ് യാവത്തെന്ന് പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ എന്തുവരും എന്തുവരുന്ന പ്രാമാണ്യം അനുമാനഗ്രാഹ്യമാകും അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നു വെച്ചാൽ സ്വതസ്തു പറയുന്നത് നൈയായിക പക്ഷത്തിനും സിദ്ധമാകും എന്തുകൊണ്ട് പ്രാമാണിമെന്ന് പറയുന്ന അനുമാന ഗ്രാഹ്യമാകും സിദ്ധസാധനം വരും അത് ഒഴിവാക്കുന്നതിനെന്ത് പറഞ്ഞു യാവത്തെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ സാമഗ്രികളെയും എടുക്കണം പിന്നെ ഇതം ഞാനം അപ്രമാനേന പ്രാമാണി അഗ്രഹ ഇതാണിപ്പോൾ പറഞ്ഞത് ഇതം ഞാനം അപ്രമെന്ന് പറയുന്നത് എന്താണ് ആദ്യം ഒരാൾക്ക് ഇതം ജലമെന്ന് പറയുന്ന ജ്ഞാനം ഉണ്ടായി പ്രമയാണ് അതിൽ പ്രാമാണ്യമുണ്ട് രണ്ടാമതെന്ത് വരുന്നു അതേ ജ്ഞാനത്തെ സംബന്ധിച്ചായപ്പോൾ ഒരു ജ്ഞാനം ഉണ്ടാക്കുകയാണ് ഇതം അപ്രമ ഈ ജ്ഞാനം എന്താണ് ഭ്രമമാണ് ഇത് ഞാനേന്ന് വെച്ചാൽ ഭ്രമഞാന മനസ്സിലായോ രണ്ടാമതുണ്ടായ ജ്ഞാനത്തെയാണ് പറയുന്നത് ഈ ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രാമാണ്യ ആഗ്രഹം ആദ്യമുണ്ടായ ആ ജ്ഞാനത്തിലിരിക്കുന്ന പ്രാമാണ്യത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല പ്രാമാണ വിഷയമാകുന്നില്ല പ്രാമാണ്യം വിഷയമായാൽ എന്ത് ശ്രദ്ധിക്കത്തുള്ളൂ പ്രാമാണ്യം വിഷയമായാലെങ്കിൽ എന്ത് ശ്രദ്ധിക്കില്ല പ്രാമാണ്യാഗ്രഹ ബാധവാരണായ അവിടെ ബാധ വരും ആ ബാധയെ ഒഴിവാക്കുന്നതിനും അപ്പോൾ സിദ്ധസാധന വാരണായ എന്ന് പറഞ്ഞാൽ സിദ്ധ സാധനം ദോഷം പ്രാപ്തമാകുന്നു ആ ദോഷത്തെ വരണം ചെയ്യുന്നതിന് അല്ല ബാധ വരണായ എന്ന് പറഞ്ഞാൽ എന്താണ് ബാധ ദോഷം വരുന്നു അതിനെ വരണം ചെയ്യുന്നതിന് വേണ്ടി എന്തു പറഞ്ഞു അപ്രാമാണ അഗ്രാഹക എന്ന് പറഞ്ഞു അപ്രാമാണ അഗ്രാഹക എന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്രാമാണ ഗ്രാഹിക സാമഗ്രി എടുക്കും അതെടുത്തു കഴിഞ്ഞാൽ ദോഷം വരുന്നു അത് വേണ്ടി എന്ത് പറഞ്ഞു മൊത്തം ലക്ഷം വരും അപ്രാമാണ്രാഹിക ജ്ഞാനഗ്രാഹിക യാവതീ സാമഗ്രി തജ്ജന്യഗ്രഹവിഷയത്വം സ്വതസ്ത്വം ഈ ഗ്രഹവിഷയത്വം ഇവിടെ വന്നു ഇപ്പോൾ സ്വതസ്തു അവിടെ ശ്രദ്ധിച്ചു മീമാംസ മതം അനുസരിച്ച് ശ്രദ്ധിച്ചു ഇപ്പോഴത്തെ അടുത്ത ക്ലാസ്